അനാഥകളോട് നീതി പുലർത്താൻ കഴിയാതെ വരുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട സ്ത്രീകളിൽ നിന്ന് രണ്ടുപേരെയോ മൂന്നുപേരെയോ നാലുപേരെയോ വിവാഹം കഴിച്ചുകൊള്ളുക എന്നാൽ നിങ്ങൾ നീതി പാലിക്കാൻ കഴിയാതെ ഭയപ്പെടുന്നുവെങ്കിൽ ഒരാളെ മാത്രം വിവാഹം കഴിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ വലതുകൈകൾ ഉടമപ്പെടുത്തിയവരെ നിങ്ങൾ അനീതി കാണിക്കാതിരിക്കാൻ ഏറ്റവും ഉചിതമായത് ഇതാണ്